അള്ളാഹുസുബാനുഹുവ ചായാല വിന്റെ കൈകൾ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് യഹൂദർ പറഞ്ഞു അവർ പറഞ്ഞതിന്റെ പേരിൽ അവരുടെ കൈകൾ കെട്ടപ്പെടുകയും അവർ ശപിക്കപ്പെടുകയും ചെയ്തു അവൻറെ രണ്ടു കൈകളും വിടർന്നിരിക്കുന്നു അവനുദ്ദേശിക്കുന്ന രീതിയിൽ അവൻ ചിലവഴിക്കുന്നു നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടത് അവരിൽ ധിക്കാരത്തിലും സത്യനിഷേധത്തിലും വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ പുനരുദ്ധാന വരെ അവർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും നാം യുദ്ധത്തിനായി അവർ ഓരോ തവണ തീകൊളുത്തുമ്പോഴും അള്ളാഹുസുബാനുഹുവ ചായാല വി അതണയ്ക്കുന്നു അവർ ഭൂമിയിൽ നാശമുണ്ടാക്കാൻ ശ്രമിക്കുന്നു നാശമുണ്ടാക്കുന്നവരെ അള്ളാഹു സുഹാനഹുലാവ് ഇഷ്ടപ്പെടുന്നില്ല